കർമാർജിതം പൂർവഭവേ സദാദി കർമ്മം കൊണ്ട് ആർജിച്ചിട്ടുള്ളത് ആർജിക്കുന്നതെന്ന് പറഞ്ഞാൽ ധനമായിട്ട് ബാഹ്യമൊന്നും ആന്തര്യമൊന്നും രണ്ട് തരത്തിലുണ്ട് ധനം മാത്രമല്ല നമ്മൾ ചിത്തമെന്ന് പറയുന്ന ഒന്നിൽ ആണ് ഇതെല്ലാം സ്റ്റോറി ചെയ്ത് നമ്മുടെ നോളജെല്ലാം നോളജും വാസനകളും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറയുന്നതിൽ മനസ്സെപ്പോഴും ചഞ്ചല ചിത്തതയുള്ളതാണ് മന ചഞ്ചലാത്മീക മനഃ നിശ്ചയാത്മീക ബുദ്ധി ബുദ്ധിയാണ് നിർണയം ചെയ്യുന്നത് അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ചിത്രത്തിലാണ് ഈ ചിത്രം മാത്രം ഒരിക്കലും നശിക്കുകയില്ല ചിത്രത്തിലെല്ലാം സ്റ്റോർ ചെയ്തിരിക്കും ഒരു പ്ലെയിനിൽ എവിടെ വെച്ചാൽ എന്താ ആക്സിഡൻറ്റ് ഉണ്ടായാലും അത് അതിലെ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്യും അതുപോലെ ഈ ശരീരം പോയിരുന്നാലും ചിത്രത്തിലുള്ള വാസനാവിശേഷങ്ങൾ പൂർവ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇനി അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തീർന്നിട്ടില്ലാത്തത് ഇതെല്ലാം ചിത്രത്തിലുണ്ടായി നമ്മുടെ ഫോണിലെ മൊബൈൽ ഫോണിലെ സിം കാർഡിൽ ഒരുപാട് നമ്പേഴ്സും വേറെ പല പ്രോഗ്രാംസും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഉള്ള ഒരു കാര്യമാണ് ഫോൺ ചീത്തയായി പോയാലും ഈ സിമ്മിലുള്ളതിന് യാതൊരു കുഴപ്പവും വരികയില്ല അങ്ങനെ നമ്മുടെ വാസ കർമാർജിതം പൂർവഭവേ പൂർവ്വഭവേ എന്ന് പറഞ്ഞാൽ പൂർവകു ജന്മങ്ങളിലും പൂർവ്വകാലത്തും അങ്ങനെ ചിത്രത്തിൽ റിട്ടൺ എഴുതിയിട്ടുള്ള ലേഹന ലേഖനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സദാദി എന്ന് പറഞ്ഞാൽ സൽകർമ്മങ്ങൾ അസൽകർമ്മങ്ങൾ സദസൽകർമ്മങ്ങൾ ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് സൽക്കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ അസൽകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങൾ സദസൽ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ മിശ്രമായിട്ടുള്ള കർമ്മങ്ങൾ ഇതെല്ലാം ശരീരവും മനസ്സുമാണ് അനുഭവിക്കുന്നത് അപ്പോഴും കിട്ടിയ ആ ജന്മത്തിൽ കിട്ടിയ ശരീരവും ആ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള മനസ്സുമാണ് അനുഭവിക്കുന്നത് ചിത്രത്തിലുള്ളതെല്ലാം അതുകൊണ്ട് ഇതിൽ ആഭ്യന്തരമെന്നും ബാഹ്യമെന്ന് പറഞ്ഞ രണ്ട് തരത്തിലുണ്ട് നമുക്കത് ഇതിൽ പഠിക്കാം ഒരു മനസ്സ് ബുദ്ധി ചിത്താഹങ്കാരം എന്ന് പറയുന്നതിൽ ചിത്തത്തിലാണ് ഇത് റെക്കോഡ് ചെയ്യുന്നതെന്നും അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന് പറഞ്ഞ അഞ്ച് കോശങ്ങൾ ഒരു ബനീനെടുത്തുന്നതിൽ ബനിയൻ്റെ പുറത്ത് ഒരു ഷർട്ട് അതിൻ്റെ ഇത് പുറത്ത് ഒരു കോട്ട് അതേപോലെ അഞ്ച് വലയങ്ങളിലാണ് നമ്മുടെ ശരീരം പൊതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനെയെല്ലാം പറ്റി വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ അനുഭവങ്ങൾ പരമ്പരകൾ കൂടെ ബാധിക്കും പരമ്പരകൾ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കേക്കോട്ടയിൽ ബസ് കാത്ത് നിൽക്കുന്നു അവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടായാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ അതിൽപ്പെട്ടു അടിയൊക്കെ കിട്ടിയെന്ന് വരും നമ്മൾ ഇന്നസെൻറ്റാണെങ്കിൽ പോലും അങ്ങനെ യാദർശികമായിട്ടുള്ള ഫലങ്ങൾ അത് മറ്റുള്ളവർക്കും കൂടെ അനുഭവപ്പെടും മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഈ ആളിനെ ബന്ധിച്ചിട്ടുള്ള സന്താനങ്ങളും സ്നേഹിതന്മാരും എല്ലാം മാതാപിതാക്കന്മാരും ഗുരുവിനു വരെ ഇത് ബാധിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് പരാശരൻ പറയുന്നത് നീയതയെ പരശിക്ഷിയായ ദുർജനസ്യ ഷടസ്ചീ വിദ്യ ഈ ജ്യോതിഷം എന്ന് പറയുന്ന വിദ്യ നീയതയെ പരശിഷ്യായ മറ്റുള്ളവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കരുത് ദുർജനങ്ങൾക്കും കൊടുക്കരുത് ഷഢന്മാർക്കും കൊടുക്കരുത് അപ്പോൾ ഇതിൽ നിന്ന് ദുർജന ദുർ ദുസ്വഭാവം ഇല്ലാതിരിക്കണം ഷഢത്വം ഇല്ലാതിരിക്കണം നല്ല സൽ സ്വഭാവം മാത്രമുള്ള ആളുകൾക്കായിരിക്കണം ഈ വിദ്യ കൊടുക്കേണ്ടത് എന്നർത്ഥം എല്ലാവർക്കും ഇപ്പോൾ ഇത് പഠിക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും ഈ വിദ്യ അങ്ങ് കൊടുക്കാൻ പാടില്ല വാസ്തവത്തിൽ പക്ഷെ ഇതിലേക്കൊരാഗ്രഹം തോന്നുന്നത് പൂർവജന്മസുഹൃതം കൊണ്ടാണ്